വ്യക്തമായ തെളിവുകളും വേദഗ്രന്ഥങ്ങളുമായാണ് അവർ വന്നത് ജനങ്ങൾക്ക് ഇറക്കപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വ്യക്തമാക്കിക്കൊടുക്കാനായി ഞങ്ങൾ നിങ്ങൾക്ക് മുഹമ്മദ് നബിസല്ലാഹു അലഹിവസലം ഈ സന്ദേശം ഇറക്കിത്തന്നു അവർ ചിന്തിച്ചേക്കാം